എല്ലാവർക്കും എന്റെ പ്രതി മഹാബലി അച്ഛനിൽ നിന്നും വ്യക്തമായി സത്യം ഗ്രഹിച്ചു ചെറുപ്പത്തിൽ തന്നെ എന്താണ് ഗ്രഹിച്ച സത്യം ഇവിടെ നിറഞ്ഞ നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധം അതുമാത്രമേ इविड़ ഉള്ളൂ അതിൽ സങ്കല്പരൂപമായ മനസ്സ് ഉണ്ടാക്കി ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം ഈ സങ്കല്പരൂപമായ മനസ്സോ പ്രപഞ്ചമോ എങ്ങനെ ഉണ്ടായി എന്തിനുണ്ടായി ഈ കാര്യത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു പിടിയുമില്ല കൃഷ്ണ ഭഗവാനെ പോലും ഒരു പിടിയുമില്ല എന്താ കാര്യം അങ്ങനെ ഒരു കർമ്മ ചലനരൂപമായ മനസ്സോ അതുകൊണ്ടെന്ന് തോന്നിക്കുന്ന പ്രപഞ്ചമോ ഉണ്ടാകാനേ സാധ്യമല്ല ഏത് വീക്ഷണ രീതിയിൽ നിന്ന് നോക്കിയാലും ഉണ്ടാകാൻ സാധ്യമല്ല പിന്നെ എന്താ കാണുന്നത് കാണുന്നതൊരു ധർമ്മം ബോധരൂപമായ ബ്രഹ്മത്തിൽ മരുഭൂമിയിൽ കാനഞ്ചെയും ണുന്ന ഒരു ഭ്രമം ഈ ഭ്രമം വസ്തുവിളത്തോളം ഉണ്ടായിരിക്കും ഈ സത്യം അറിയണം വലത് കാണുന്നതു ഭ്രമം വസ്തു ബോധം മാത്രം അതുകൊണ്ട് എന്ത് വേണം യും വസ്തുവായിട്ട് കാണണം കയറിലെ പാമ്പിനെ കയറായിട്ട് കാണുന്നത് പോലെ മരുഭൂമിയിലെ വെള്ളത്ത് മരുഭൂമി ആയിട്ട് കാണുന്നത് പോലെ ബ്രഹ്മത്തിലെ ഭ്രമരൂപമായ ജഗത്തിന് ബ്രഹ്മമായിട്ട് ബോധത്തിലെ ഭ്രമരൂപമായ ജഡത്തിനെ ബോധമായിട്ട് കാണാം അങ്ങനെ കണ്ടാൽ ഉള്ളൂ പൂർണ്ണ സത്യം അറിഞ്ഞ അനുഭവം അതിരറ്റ തൃപ്തി ശാന്തി ഇത് മനുഷ്യന് സത്യമാണ് ഈ സത്യത്തെക്കുറിച്ച് ഓർമ്മിക്കാന സത്യം ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുത്ത് നിലനിൽക്കുന്നതല്ല ആർക്കും ജീവിതം സ്വസ്ഥമാകണമെങ്കിൽ സത്യത്തെ അനുസരിച്ചോളം അല്ലാതെ എനിക്ക് എന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ സത്യം തടസ്സമാണ് ആയിരിക്കാം പക്ഷെ അതുകൊണ്ട് സത്യത്തിന് വേറൊന്നാവാൻ പറ്റില്ല ശാസ്ത്ര സത്യത്തിന് മറ്റാരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി രൂപം മാറാൻ സാധ്യത ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു ഒരാൾ പറയുന്നു എനിക്ക് ഇഷ്ടമല്ല കാരണം എനിക്ക് കുടിക്കാനുള്ളതാണ് വെള്ളം ഞാൻ രണ്ട് ഗ്യാസിന് കുടിക്കുന്നു എന്ന് വന്നാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് ആയിരിക്കാം പക്ഷേ വെള്ളത്തിന്റെ ശാസ്ത്ര തത്വത്തിന് മാറാനൊക്കുമ്പോൾ അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്ത് വില ഈ സത്യം കൂടെ ഓർമ്മിക്കുക ഇന്ന് വിട വേണോ നിൽക്കട്ടെ യുദ്ധക്കിടത്തിലോ ഋഷിയിടത്തിലോ കച്ചവട സ്ഥലത്തോ അടുക്കളയിലോ എവിടെ നിൽക്കട്ടെ മഹാഭാരതത്തിലെ ധർമ്മ വ്യാസന്റെ കഥ ഉണ്ടല്ലോ ഇറച്ചി വെട്ടി വിൽക്കുക എന്നാണ് ജോലി പ്രസിദ്ധമായ കഥ വിവേകാനന്ദ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ ഇറച്ചി വെട്ടി വിറ്റുകൊണ്ടിരിക്കവയെ അദ്ദേഹം ഈ സത്യം മനനം ചെയ്ത് അറിഞ്ഞു ഇറച്ചിയും ബ്രഹ്മം വെട്ടുന്ന കത്തിയും ബ്രഹ്മം ജ്ഞാനം ബ്രഹ്മം വെട്ടുന്ന കർമ്മവും ബ്രഹ്മം ബ്രഹ്മമല്ലാതെയുള്ള മറ്റൊന്നുമില്ല ബ്രഹ്മം ബോധം ബോധമില്ലേഹോ ഇറച്ചിയുമില്ല കത്തിയുമില്ല പെട്ടുന്ന കർമ്മവുമില്ല ഒന്നുമില്ല അദ്ദേഹം അത് ഉറപ്പിച്ചു അതിഗംഭീരമായി ജീവിച്ചു അവസാനം ഇറച്ചുപെറ്റി വിൽക്കല് തന്നെ ജോലി ആ ജോലിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല എന്തിനു പിന്മാറണം എത്രയോ യോഗി മാറും ഈ ധർമ്മവ്യാധന്റെ അടുക്കൽ വന്ന് ജ്ഞാനം ഗ്രഹിക്കുന്നു പരമസത്യം പരമസത്യം ഗ്രഹിക്കാത്തിടത്തോളം യോഗമോ ഭക്തിയോ മറ്റൊന്നും കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ല എന്തെല്ലാം സത്യമറിഞ്ഞുകൊണ്ടല്ലോ കൃഷ്ണനെ ഫലിച്ചു കൃഷ്ണരൂപത്തിൽ മനസ്സേകാഗ്രപ്പെട്ടു മരിക്കാൻ സമയത്തും കൃഷ്ണ ചിന്ത സത്യമെന്താണെന്ന് പിടിയിട്ടില്ല കൃഷ്ണനാരാന്ന് പിടിയിട്ടില്ല ശാന്തി കിട്ടില്ല ഭഗവാന് തന്നെ ഗീതയിൽ പറയുന്നത് എന്റെ അഭിപ്രായമല്ല നതുമാൻ അഭിജാനന്തി തത്വേന അതശ്യബന്തി ഈ കൂട്ടരെന്നെ ഈ കൃഷ്ണരൂപമാണ് സത്യമെന്ന് കരുതുന്നവർ എന്നെ താത്വികമായി അറിയുന്നില്ല ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നില്ല അത് ശബന്തി അതുകൊണ്ടവർ ദുഃഖത്തിലേക്ക് വഴുത്തി വീഴുന്നു ഓ ഈ സത്യം ഓർമ്മിക്കുക ഇത് പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ലല്ലോ സാരമില്ല വ്യാസന് മുതല് വിവേകാനന്ദ സ്വാമി ശ്രീനാരായണപുരുദേവൻ തുടങ്ങിയവരൊക്കെ ഏകഗന്ധമായി പ്രഖ്യാപിക്കുന്നു ഇവിടെ ബ്രഹ്മമല്ലാത്ത മറ്റൊന്നുമില്ല ഇവരൊക്കെ പറഞ്ഞത് നമുക്കെന്ന് വിശ്വസിച്ചുകൂടെ അപ്പം വിശ്വസിക്കാമെങ്കിൽ തൽക്കാലം നമ്മുടെ യുക്തിക്കൊന്നും അങ്ങോട്ട് ഉറപ്പില്ലെങ്കിൽ പോലും കാണുന്നതൊക്കെ ബ്രഹ്മം ഈ മയക്കും ബ്രഹ്മം സകലത്തും ബ്രഹ്മം ഇതിനുള്ളിൽ ഓർമ്മിച്ചുറപ്പിക്കാൻ എന്താണ് പ്രയാസം തൽക്കാലം ചെയ്യുന്ന ഒന്നും നിർത്തിവെക്കണ്ട കോഴിപ്പൂണുണ്ട് അപ്പം കോഴിപ്പൂസ കോവിലല്ല എന്തേവ കൂടാത്തത് എല്ലാം ബ്രഹ്മം കോവിലും ബ്രഹ്മം അതിനകത്തിരിക്കുന്ന ഈശ്വരൻ ബ്രഹ്മം തൊഴാൻ പോകുന്ന നമ്മളും ബ്രഹ്മം ഇത് ഉറപ്പുവന്ന ചെയ്ത് ശാസ്ത്ര സത്യം ഇതിനൊരു തരത്തിലും ഒരു വ്യതിയാനവും സത്യമല്ല അപ്പം ഈ സത്യം കൂടെ ഉറപ്പിക്കാൻ എന്താ പ്രയാസം മഹാബലി അച്ഛനായ വിരോചനില് നിന്നും ഈ സത്യം കേട്ടു എങ്കിലും അദ്ദേഹം വിചാരിച്ചു ഇപ്പൊ രാജ്യം ഭരിക്കുകയാണ് ഗംഭീരമായ രാജ്യഭാരം തന്റെ ജോലി നടത്തുന്നു ദേവന്മാരുമായുള്ള യുദ്ധം അതാണ് തന്റെ ജോലി ദേവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കി തന്റെ സാമ്രാജ്യം ഗംഭീരമായി നടത്തുന്നു അപ്പോഴാണ് ഈ ചിന്തയൊക്കെ വന്നത് എങ്കിലോന്നുകൂടെ ഗുരുവിനോടൊന്ന് ചോദിച്ചേക്കാം ശുക്രാചാര്യ ഒരു ദിവസം മുഹാബലി ഗുരുവിനെ ധ്യാനിച്ചു ഗുരു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്താ നീ എന്നെ ധ്യാനിച്ചത് മറ്റൊന്നുമല്ല ഭഗവൻ അങ്ങയുടെ കാരുണ്യം എന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ ധൈര്യമായി ചോദിക്കുന്നു അച്ഛനിക്കു സത്യത്തെക്കുറിച്ച് വ്യക്തമായി ചിലതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എങ്കിലും അത് ഒന്നുകൂടി അങ്ങയോട് ചോദിച്ചൊറപ്പിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു എന്താണ് സത്യം ഈ നിലനിൽപ്പിൻ്റെ പൊരുളെന്താണ് അപ്പോ ശുക്രൻ പറഞ്ഞു മഹാബലേ ഇന്ന് സ്വർഗത്ത് എന്തോ അത്യാവശ്യമായ കാര്യവിചാരത്തിന് സപർശമാണ് ഒരുമിക്കുന്നുണ്ട് അപ്പൊ ഞാനും അവിടെ കൂടിയേ തീരൂ എനിക്കൊരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല പെട്ടെന്ന് അവിടെ എത്തണം ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം കേട്ടോളൂ ചിരിഹാസ്തിഹി ചിന്മാത്രം ഇതം ചിന്മയമേവ ചിത്വം ചിദഹം എതി സഹ എന്താണിവിടെ ഉള്ളത് ചിത്ത ബോധം ചിന്മാത്രം അത് മാത്രം മറ്റൊന്നും ഇടിക്കില്ല ചിതിഹാസ്തിഹിച്ചിന്മാത്രം ഇതം ചിന്മയു വെച്ച ഈ പ്രപഞ്ചം ബോധമയം എന്താ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ആയിരമായിരം ആഭരണങ്ങൾ മുന്നിൽ നിരന്നിരിക്കുന്നു എന്താ സത്യം സ്വർണം സ്വർണം മാത്രം ഈ കാണുന്ന ആഭരണങ്ങൾ സ്വർണ്ണമയം എന്താ കാര്യം സ്വർണമില്ലേ ഒരാഭരണവുമില്ല അതുകൊണ്ട് അതുപോലെ ഇതാവർത്തിച്ച് ചിന്തിച്ചു നോക്കുക നമുക്കാർക്കും പിടികിട്ടും എളുപ്പം ബോധമില്ലയോ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണുന്നതൊക്കെ ബോധം അമീപ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എല്ലാം ബോധം പിന്നെന്താ ഈ പലർ ബോധത്തിലൊരു രൂപം ഒരു പേര് എന്താ സൂര്യൻ ബോധം പിന്നെ ഈ കാണുന്നത് ആ ബോധത്തിലെ ഒരു രൂപം സൂര്യൻ എന്ന പേര് രൂപവും പേരും ഒരിടത്തും ും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല ഓളയും മാലയും സ്വർമ്മത്തെ അല്ലാതെ മറ്റൊരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോ ചിതിഹാസ്തിഹി ചിന്മാത്രം ഇതന്മയനെ വെച്ച ഈ കാണുന്നതൊക്കെ ചിന്മയൻ ബോധമയം ബ്രഹ്മമയം അതുകൊണ്ടാണ് സദാശിവമ്പരും മേന്ദ്രരും മറ്റുള്ളവൻ പാട്ടുപാടിയത് സർവം ബ്രഹ്മയം അല്ലാതെ അദ്ദേഹം ചുമ്മാ ഒരു ദിവസം കാലത്തേ എണീറ്റിരുന്നു പാടിയതാണത് നല്ലവണ്ണം അനുഭവിച്ചിട്ട് പാടിയതാണത് ഇതം ചിന്മയമേ വച്ച മഹാബലേ ചിത്വം നീ ബോധമാണ് എന്നുകൊണ്ട് ബ്രഹ്മമാണ് എന്തുകൊണ്ട് ബോധമില്ല നീ ഇല്ല ചിതഹം ജ്ഞാനം അതുതന്നെ ഏതേ ച ലോകാസ്റ്റിദ് ഈ കാണുന്ന ലോകം മുഴുവൻ ബോധം ഇതി സംഗ്രഹ ഇതാണ് ചുരുക്കം പിന്നെ ഈ പലത്ത് തോന്നാൻ എന്താ കാരണം ഗുരു ബന്ധ ബോധത്തിൽ സങ്കൽപ്പം കടന്നു വന്നു അതായത് മനസ്സ് കടന്നു വന്നു ചേത്യകലിത ബന്ധ ബോധത്തിൽ സങ്കല്പം കടന്നുവന്നതോടെ ബന്ധം ത മുക്ത മുക്തിരുച്യത്തെ സങ്കൽപ്പം പോയോ ശുദ്ധബോധം അതാണ് മോക്ഷം ചിലചേത്യാഗിലാത്മാ സങ്കൽപ്പമില്ലാത്ത ബോധമാണ് ആത്മാവ് നമ്മളാത്മാവ് പരമാത്മാവ് ഒക്കെ പറയുന്നില്ലേ ചിലചേത്യാഗിലാത്മാ ഇത്രയുമാണ് ഇതി വേദാന്തസംഗ്രഹം വേദാന്തത്തിൻ്റെ ചുരുക്കംത്രയോ മഹാബലി എനിക്കത്യാവശ്യമായിട്ട് സ്വർഗത്തെത്തിരും നീ ആലോചിക്കും നിന്റെ മനസ്സുറപ്പുള്ളതും ശുദ്ധവുമാണെങ്കിൽ ഈ പറഞ്ഞതുകൊണ്ട് എല്ലാം കിട്ടും നിനക്ക് എല്ലാം സത്യബോധമുണ്ടാകും സത്യബോധത്തെ തുടർന്നും അതിലത്തെ ഭൗതികവിജയം ആധ്യാത്മിക വിജയം കൃഷ്ണൻ പറഞ്ഞതുപോലെ ആ സത്യം നിശ്ചയമായും നിന്റെ യോഗക്ഷേമം നോക്കും ഒരു സംശയവുമില്ല അതാണ് പറയുന്നത് തദ്തസ്മാർവമാ നിശ്ചയാ മഹാബലി ഭവ്യോസിച്ചേത് നീ മനസ്സിനുറപ്പുള്ളവനും ശുദ്ധനുമാണെങ്കിൽ ഏതസ്മാത് സർവമാ നിശ്ചയാ ഈ നിശ്ചയം കൊണ്ട് സർവമാനോത്തി നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി കിട്ടിക്കണ്ടിരിക്കുന്നു ഇനി കൂടുതലൊന്നും കിട്ടാനില്ല ബഹു അഭിപ്രോം തൊലി ഭസ്മന് ഭൂയത്തെ നനക്കുറപ്പില്ല സംശയം ഈ പറയുന്നതൊക്കെ ശരിയാണോ ഇതൊക്കെ ഈ മൺകട്ടിയുമൊക്കെ ബോധവുമാണ് ഇതെന്നൊക്കെ പറയുന്നത് കളിപ്പിക്കാൻ പറയുന്നില്ല ഇത് നിനക്ക് വിചാരം ചെയ്തത് ബോധമുണ്ടോ മൺകട്ടയുണ്ടോ ബോധമില്ലേ മൺകട്ടയില്ല ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരു രണ്ട് മണിക്കൂർ ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല കാരണം അത് ചാമ്പലിൽ ഹോമദ്രവ്യം ഇടുന്നത് പോലെ നിഷ്പ്രയോജനമായിരിക്കും നല്ല ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയിൽ വേണം ഹോമദ്രവ്യം ഇടാൻ അല്ലാതെ ചാമ്പലിൽ കൊണ്ട് ഹോമദ്രവ്യം ഇട്ടാൽ എന്താ പ്രയോജനം ആ സ്തുതി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടേറെ ഈശ്വരപരമായ കാര്യങ്ങൾ ചാമ്പലിൽ ഹോമത്തിലേർപ്പടം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരകാര്യങ്ങളൊന്നും വേണ്ടെന്നല്ല വേണ്ടെന്ന് വേദാന്തിക്കൊരിക്കലും അഭിപ്രായമില്ല ഒരു കർമ്മവും വേണ്ടെന്ന് വേദാന്തം പറയുന്നില്ല പറഞ്ഞാൽ നടക്കില്ല കർമ്മമൊക്കെ നിശ്ചയമായിട്ടും അനുഷ്ഠിച്ചേ പറ്റൂ അവ വശപ്രകൃത വശ പ്രകൃതിക്ക് വശപ്പെട്ട അവശനായി കർമ്മം ചെയ്യുക അത് വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുവാണ് ഗീത ഒക്കെ നമ്മളോട് പറയുന്നെന്താ ഈ ജ്ഞാനം കൂട്ടിച്ചേർക്കൂ അർജുനൻ നെയ്യുദ്ധം അത് വേറെ ഒക്കെ നിനക്ക് യുദ്ധം ചെയ്തേ പറ്റൂ ജ്ഞാനം കൂടെ കൂട്ടിച്ചേർക്കൂ അങ്ങനെ കൂട്ടിച്ചേർത്താൽ ക്രമേണ നിന്റെ യുദ്ധം നീ യുദ്ധം ചെയ്താൽ പോലും നിന്റെ യുദ്ധം നിനക്ക് ബന്ധകാരണമല്ല ജ്ഞാനം ഉറപ്പുവന്നാൽ കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കർമ്മം ചെയ്താലും അത് ബന്ധകാരണമാവുന്നില്ല അങ്ങനെയാണ് ജ്ഞാനികളായ ഋഷീശ്വരന്മാർ ഋഷഭൻ ഭരതൻ ജനകൻ ഖഡ്വാങ്കൻ തുടങ്ങിയ ഗംഭീരന്മാർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നേ സാധാരണകർമ്മരുടെ യുദ്ധങ്ങൾ ഏത് യുദ്ധവും ഒരു കളി ഒന്നരം നാടകം അങ്ങനെ ശുക്ലൻ മഹാബലിയെ ഉദ്ബോധിപ്പിച്ചു നീ ആരോചിക്കും പല സംശയ ഒരു പക്ഷം ഉണ്ടെങ്കിൽ നമുക്കിനി പിന്നെ കാണുമ്പോൾ കാണാം മഹാബലി ആലോചിച്ചു പറയുന്നത് ശരിയാണല്ലോ ഗുരു പറഞ്ഞത് ശരിയാണല്ലോ യുക്തം ഉപ്തം ഭഗവത്ത ചിതേവേദം ജഗത്രയം ചിദഹം ചിതിമേ ലോക ചിദാശാ ചിതിയം ക്രിയാ യുക്തമുക്തം ഭഗവത്ത ശുക്രൻ പോയി മഹാബലി ഏകാന്തത്തിൽ ആലോചിച്ചു ഭഗവാൻ പറഞ്ഞത് ഏറ്റവും യുക്തിയുക്തം എന്ന കാര്യം ചിദം ഞാൻ ബോധം ുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം എന്നിൽ തന്നെ മാറ്റമില്ലാത്ത ഒരേ ഒരു വസ്തു മറ്റൊക്കെ മാറുന്നു പ്രാണൻ മാറുന്നു പ്രാണൻ വരൽ ജഡമാണ് അതല്ലീ ഈ വ്യക്തമായ ഈ സത്യബോധം ജ്ഞാനമില്ലാത്ത പ്രാണായാമപ്രക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലൊന്നും കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇതൂടെ കൂട്ടിച്ചേർത്തോ എല്ലാം നല്ലത് നിരവടിച്ചു തറിഞ്ഞുകൂടാ ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് എന്താ ഈശ്വരൻ നിങ്ങൾ ഈശ്വരനെ കാണാൻ ധ്യാനം പ്രാണായാമം യോഗാസനം വളരെ നല്ലത് ഒക്കെ നല്ലത് പക്ഷെ എന്താ ഈശ്വരൻ അല്ലാത്തത് ചില പറയുന്ന സ്നേഹമാണ് ഈശ്വരൻ എന്ത് സ്നേഹം എന്ത് സ്നേഹമാണ് ഈശ്വരൻ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല വ്യക്തമായി സത്യം ഗ്രഹിക്കുക സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ സ്നേഹമാണോ ഒരു കുടുംബീകരണ എന്താ ഈശ്വരനെ കാണാൻ പറ്റുമോ കൃഷ്ണൻ പറയുന്നു കാണുന്നു എന്താ അവിടെ സ്നേഹമാണോ അപ്പൊ സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഊരിരുട്ടിലേക്ക് പിടിച്ചു തെളുമ്പോഴാണ് നിലനിറിച്ച സകലജീവികളിലും യാ ിം നരദേവതാഭിരാഹമത്യന്തസ്ഫുട ദൃശ്യത്തെ അമീപമുതൽ സൂര്യചന്ദ്രന്മാരിൽ വരെ ഞാൻ ഞാൻ എന്നിങ്ങനെ ഏതൊരനുഭവം അത്യന്തസ്ഫുടമായി നിലനിൽക്കുന്നു ആ ബോധമാണ് ഈശ്വരൻ ആ ബോധമാണ് ബ്രഹ്മം അപ്പൊ പെട്ടെന്ന് ചിലരും ചോദിക്കുന്നത് പക്ഷെ സാർ ആ ഈശ്വരൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതിന് ചലനമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷേ എനിക്ക് ബോധം ചലിക്കുന്നല്ലോ അതിന് ദുഃഖവും മറ്റും തോന്നുന്നല്ലോ അവിടെയാണ് ആ ബോധം ബ്രഹ്മം തന്നെ അതിന് ചലനമില്ല അതാനന്ദ സ്വരൂപമാണ് പക്ഷേ മായ ഉണ്ടെന്ന് തോന്നിച്ച സങ്കല്പങ്ങൾ അതിൽ ഒട്ടേറെ മറകൾ ഉണ്ടാക്കിയിരിക്കുന്നു മറകൾ പ്രധാന മറകളെന്താ ഭേദചിന്തയും രാഗദ്വേഷവും ഭേദചിന്ത ഞാൻ വേറെ നെയ് വേറെ ഈ ഭേദചിന്തയിൽ നിന്ന് വന്നു അവിദ്യ വസ്തുവിന് അറിയാത്തത് കൊണ്ടുള്ള അജ്ഞ എല്ലാരിലും വസ്തുബോധമാണ് ബ്രഹ്മമാണ് എന്നുറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ നീ വേറെ എന്ന കടുത്ത ഭേദചിന്ത വരുമ്പോൾ ഭേദദൃഷ്ടിരവിദ്യ ഭേദൃഷ്ടിയാണ് അവിദ്യ മറ്റൊന്നുമല്ല എന്താ അവിദ്യ അവിദ്യ എന്ന് വെച്ചാൽ വസ്തുബോധമില്ലയമ്മ കയറിന് കര കയറാണെന്ന് അറിയാതിരിക്കുന്നതാണ് അവിദ്യ ആവിദ്യ വന്നാൽ കയറ് സർപ്പമെന്ന് തോന്നും അതുപോലെ എല്ലാം ബ്രഹ്മമാണ് എന്ന ശാസ്ത്രീയമായ സത്യമുഖപ്പ് വരാത്രത്തുള്ളൂ ഞാൻ വേറെ നീ വേറെ ഞാനിന്ന ജാതി അയാൾ വേറെ ജാതി ജാതി മതം ദേശം ഭാഷ ഒക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുന്നു ഭിന്നിപ്പിക്കുക മാത്രമോ അതിൻ്റെ പേര് കൊടിയ യുദ്ധങ്ങൾ കൊടിയ യുദ്ധങ്ങൾ ഈ അറിവില്ലായ്മ ആ ജയത്തിനെ ഇന്ന് കാണുമ്പോലെ നിലനിർത്തുന്നത് എന്തായാലും ഭേദദൃഷ്ടിയാണോ വിന്ധ്യ ഭേദദൃഷ്ടി ഉറക്കും തോറും രാഗദ്വേഷം ചിലതിനോട് അതിയായ ഇഷ്ടം പലതിനോടും അതിയായ വെറുപ്പ് ഇത്രയും കൂടെ ആവുമ്പോൾ ഇത് ഓർമ്മിക്കുക ഭേദചിന്ത രാഗദ്വേഷം ഇത് നമ്മുടെ സ്വരൂപത്തെ മറച്ചിരിക്കുന്നു വെറും മറ അല്ലാതെ ഞാൻ ബ്രഹ്മം തന്നെ പക്ഷെ ഈ മറ ഞാൻ വേറെ നീ വേറെ അതെനിക്കിഷ്ടം ഇതെനിക്കിഷ്ടമല്ല ഈ ചിന്ത നിസ്സാര കാര്യം നമ്മളൊക്കെ ആലോചിച്ചു നോക്കുക എന്തെല്ലാത്തിനോട് ഇഷ്ടം കടുത്ത ഇഷ്ടം കടുത്ത അനിഷ്ടം ലോകം ഭരിക്കുന്നവർക്ക് പോലും ഇന്ന് ഇതാണ് സ്ഥിതി അപ്പൊ സ്ഥിരമായി ഭരിക്കാനൊക്കെ ഇല്ല സർവത്രയുദ്ധകോലാഹലം എന്തുകൊണ്ട് ചിലതിനോട് കടുത്ത ഇഷ്ടം ചിലതിനോട് കടുത്ത അനിഷ്ടം ഇത് കൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ തന്നെ പറഞ്ഞുവെച്ചു അർജുന നിനക്കാത്മസുഖം ആത്മാനന്ദം വേണോ രാഗദ്വേഷസ്തു വിഷയാനന്ദ്രിയൈശ്വരൻ ആത്മവൈശ്യയിൽ വിധേയാത്മാ പ്രസാദമധിഗത്തി ഈ ശ്ലോകമോർമ്മിക്കുക ഓർമ്മിച്ചിട്ട് അതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കുറെ നടപ്പാക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മളിപ്പോൾ ഗീത വായിച്ചിട്ട് എന്ത് വിശേഷം രാഗദ്വേഷുക്ത അർജുന രാഗദ്വേഷങ്ങളില്ലാത്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യും നെയ്പയുദ്ധം ചെയ്യുന്നു നിനക്ക് ദുര്യോധനനോടോ ഭീഷ്മരോടോ രാഗവും വേണ്ട ദ്വേഷവും വേണ്ട ഇതെങ്ങനെ സാധിക്കും ഈ സത്യബോധമുണ്ടെങ്കിൽ സാധിക്കും നെയ്യും ബ്രഹ്മം ഭീഷ്മരും ബ്രഹ്മം ദുര്യോധനനും ബ്രഹ്മം പിന്നെ ഈ കാണുന്നതോ ഫലത് വെറും മായ ഇന്ദ്രജ്വാലം ലേശം പോലും പുതിയ വസ്തു ഇല്ല യുദ്ധം ചെയ്യുന്നത് പോലും അങ്ങനെ ബ്രഹ്മപൂജയാക്കി മാറ്റൂ അല്ല നമ്മൾ ഗീത വായിക്കുന്നുണ്ടല്ലോ ഈ ശ്ലോകം എല്ലാവർക്കും അറിഞ്ഞുകൂടെ രാഗദ്വേഷ വിയുക്തരിസ്തു വിഷയാനിന്ദ്രിയേശ്വരൻ രാഗദ്വേഷങ്ങളില്ലാതെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ അതെങ്ങനെ സാധിക്കും ഒക്കെ ഈശ്വരനാണെന്ന് കാണോ പട്ടി എന്നോട് ചോദിക്കാറുണ്ട് സാറേ ഒക്കെ ബ്രഹ്മമാണെന്ന് കരുതിച്ചാൽ എനിക്കെന്റെ കുട്ടിയെ പള്ളിക്കൂടത്തിലയക്കണ്ടേ വാസ്തവെന്ത് തെറ്റായ ചോദ്യമാണ് കുട്ടി ബ്രഹ്മമാണെന്നോർമ്മിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്കൂ എന്ത് ഗംഭീരമായിരിക്കും കാര്യം ഇന്നു കുട്ടിയോട് കാണിക്കുന്ന നിരവധി വേണ്ടാത്ത കാര്യങ്ങൾ മാറിക്കിട്ടും കൃഷ്ണൻ ജനിച്ചു വീണപ്പോ അച്ഛനോടും അമ്മയോടും പറഞ്ഞതി നിങ്ങൾ എന്നെ വളർത്തുമ്പോ എന്നെ ഞാൻ ബ്രഹ്മമാണെന്ന സത്യം കൂടി അറിഞ്ഞുകൊണ്ട് വളർത്തും ഗംഭീരമായ വളർത്തൽ ഏത് ജോലിയാണിങ്ങനെ ചെയ്യാൻ വയ്യാത്തത് മഹാഭാരതത്തിലെ ധർമ്മവിവാസന ഇറച്ചി വിട്ട് ഇറച്ചിയും എണ്ണം കത്തിയിലെണ്ണം ഇതൊറപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതും സ്കൂളിലയക്കുന്നതും ഇതോർമ്മിച്ചോണ്ട് ചെയ്തുകൂടെ ചെയ്താലുള്ള ഗുണമെന്താ ആ കുഞ്ഞിൽ തന്നെ ഗംഭീരമായ മാറ്റം വരും അവനിൽ നാം സത്യം ആരോപിക്കുക നിലമറിച്ച് ആ ജലശരീരം മാത്രം കണ്ട് പെൻ്റെ കുഞ്ഞ് നെൻ്റെ കുഞ്ഞ് പെൻ്റെ അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള മാനസിക വൈഷമ്യങ്ങൾ വന്നു ചേരും നിലമറിച്ച് ഇത് നോക്കുക ഏത് കർമ്മത്തിലും പാചകത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും അതാണ് കൃഷ്ണൻ പറയുന്നത് രാഗദ്വേഷും രാഗദ്വേഷങ്ങളില്ലാതാകണമെങ്കിൽ സത്യബോധം ഉണ്ടാകുന്നു അല്ലാതെ പറ്റില്ല കുഞ്ഞും ബന്ധുക്കളും വസ്തു വീടുമൊക്കെ ബ്രഹ്മമാണ് വീട്ടിന് പെയിന്റടിക്കണം എന്റെ വീടും ഞാൻ പെയിന്റടിക്കുന്നു ഒക്കെ വീടും ഒക്കെ ബ്രഹ്മം വീടും ബ്രഹ്മം പെയിന്റും ബ്രഹ്മം എന്താ പെയിന്റ് പറ്റില്ലേ വീട്ടിന് ഗംഭീരമായിട്ട് പറ്റും എന്നല്ല വീട്ടിലും നമുക്കുമൊക്കെ കുറെ കൂടെ മഹത്വം വർദ്ധിക്കും യാതൊരു സംശയക്കാരില്ല മനസ്സിനൊക്കെ തന്നെ എന്ത് സുഖം കിട്ടും ഈ ഞാൻ അങ്ങ് പോകണം ഞാൻ പ്രത്യേകമില്ല ഞാനിരുന്നോട്ടെ ഞാൻ ബ്രഹ്മം എന്നുറപ്പിക്കണം അങ്ങനെ രാഗദ്വേഷ വിഷയാനെന്ത്രിചരൻ ആത്മവശ്യർ വിധേയാത്മാ മനസ്സിനെ ബ്രഹ്മജ്ഞാനത്തിൽ ഒതുക്കി നിർത്തി അതാണ് വിധേയാത്മാ ആത്മാവിന് എല്ലാം ബ്രഹ്മമാണെന്ന ശാസ്ത്രീയസത്യം പഠിപ്പിച്ച് നിയമനം ചെയ്ത് രാഗദ്വേഷങ്ങളില്ലാതെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാമെങ്കിൽ അർജുന പ്രസാദമധിക ഇതാണ് പ്രസാദം പ്രസന്നത ആത്മാനന്ദം വേറെ ഒന്നും ചെയ്യേണ്ട ഇത്രയും ചെയ്താൽ മതി ഈ പ്രസാദം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാ കൃഷ്ണൻ തന്നെ പറയുന്നെന്താ ഈ പ്രസാദം കിട്ടിയാൽ ആത്മാനന്ദം ുഭവത്തിന്റെ തുടക്കം എന്താ ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റുമോ സാർ എന്താ അതല്ലേ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ത്യാഗദ്വേഷങ്ങൾ മാറ്റാൻ പറ്റുമോ ഞാൻ മാറ്റാൻ ശ്രമിക്കാണ് സാർ ശ്രമിക്കും ശ്രമിച്ചാൽ ഈ പ്രസാദം വരും പ്രസാദം വരും ആ പ്രസാദമാണ് എന്താ ഈ പ്രസാദർവദുഖാനി നമ്മളും ഒക്കെ ഈ പ്രസാദം ഇപ്പൊ കുറേശൊക്കെ അനുഭവിക്കുന്നുണ്ട് നല്ലൊരു പാട്ട് കേട്ടാൽ പ്രസാദം ഇത് ഈ ബ്രഹ്മാനന്ദമാണ് ഈ ആനന്ദമാണ് പക്ഷെ കൃത്രിമമായി പാട്ടുകൊണ്ട് മനസ്സിൻ്റെ നാനാദരം സങ്കല്പങ്ങള് അല്പനേരത്തേക്കൊന്ന് സമാശ്വസിപ്പിച്ച് കിട്ടുന്ന പ്രസാദം പക്ഷെ പാട്ട് തീർന്നോ പ്രസാദം പോയി പാട്ട് കേൾക്കുന്നതിനു മുൻപ് എന്തെല്ലാം കാമക്രോധലോഭം മതമാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അവക്കെ തിരിച്ചു കയറി പാട്ട് കേട്ടി തിറഞ്ഞ് മുൻപ് തന്നെ അവയെല്ലാം വീണ്ടും കയറി അപ്പൊ സർവ്വദുഃഖവും പോകുമ്പോൾ പാട്ട് കേട്ടപ്പോൾ ഒരു ചെറിയ സുഖം ആത്മസുഖം തന്നെ ആത്മസുഖം അല്ലാതെ ഇവിടെ സുഖം ഒരിടത്തുമില്ല ഒരിടത്തും നമ്മുടെ അനുഭവിക്കുന്ന സുഖമെല്ലാം ആത്മസുഖം പക്ഷേ രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിച്ച് പുറത്തുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് കുറേശ സുഖിക്കുന്നു അത് ആ വിഷയങ്ങളുടെ സാന്നിധ്യമില്ലാതാകുമ്പോൾ സുഖവും പോയി പഴയ കൊള്ളരുതായ്മകളൊക്കെ മനസ്സിൽ വീണ്ടും കിടന്നുകൂടി അപ്പോൾ ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഗീതയിലെ ഈ ശ്ലോകം ഞാൻ നടപ്പാക്കുന്നുണ്ടോ എന്നുകൂടെ ചോദിക്കുക സ്വന്തം മനസ്സിനോട് രാഗദ്വേഷങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ പ്രസാദേ സർവദുഖാന ഹാനിരശ ഉപജായത പിന്നെ ദുഃഖം വരില്ല എവിടുന്ന് ദുഃഖം വരാൻ മാത്രമോ പ്രസന്നചേത സൗഹ്യാശു ബുദ്ധിപര്യപതിഷ്ഠത്തെ കർമ്മരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ എങ്ങനെ അയക്കണം എങ്ങനെ പഠിപ്പിക്കണം ഞാൻ കടയിൽ പോയാൽ സാധനങ്ങൾ എങ്ങനെ വാങ്ങണം ഇതെന്ന് പത്രം രണ്ട് നോക്കുക കൂടെ കൂടെ കടയിൽ പോയിട്ടുള്ള സാധനം അങ്ങനെയുള്ള അഞ്ച് പൈസയ്ക്കോ ഒക്കെ വഴക്കൂടി വെട്ടും കുത്തും കൊലപാതകുമല്ലേ നടക്കുന്നത് ഞാൻ എങ്ങനെ കൃഷി ചെയ്യണം ഞാൻ എങ്ങനെ കച്ചവടം ചെയ്യണം ഇതൊക്കെ ആ ബുദ്ധി വ്യക്തമായി കാണിച്ചു തരും സംഭവ അപ്പം സർവദുഖങ്ങളും അവർക്കും പ്രസന്നചേതസോഹ്യാശുബുദ്ധി പര്യവതിഷ്ഠത്തെ ചുറ്റും ബുദ്ധി കളിയാടി നിൽക്കുന്നു പര്യവതിഷ്ടത്തെ എങ്ങനെ എന്തു ചെയ്യണം വാസ്തവ ദിനെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ അല്പമായ ഒരു ചിന്തയും ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അത് അവരാരും ഈ സത്യത്തെ അന്വേഷിക്കുന്നില്ല എല്ലാവരും തികച്ചും ഭൗതികം രാഗദ്വേഷം രാഗദ്വേഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഏർപ്പാട് മാത്രമേ കാണൂ എന്തായാലും ബോധം ഈ പ്രസന്നത മഹാബലിക്ക് കിട്ടി ചേത്യനിർമുക്തചിരൂപം സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റിയ ബോധം സാർ അതിപ്പോ പെട്ടെന്ന് എളുപ്പമാണോ സാർ വേണ്ട സങ്കല്പങ്ങളെയും ബ്രഹ്മമായി കാണുക അതാണ് സർവധർമ്മ പരിത്യാഗം ആ ചലിസ്വം പരിശോധിക്കുന്നുണ്ട് എല്ലാത്തിനെയും ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വീട് ഇടിച്ചുപൊളിച്ച് അറേബ്യങ്ങളിൽ കൊണ്ടുക എന്നാണോ അർത്ഥം അങ്ങനെയുള്ള ത്യാഗമൊക്കെ ആർക്ക് കഴിയും അങ്ങനെയുള്ള ത്യാഗം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല നേരെമറിച്ച് വീടിനെ ബ്രഹ്മമായി കാണുന്നു വീട്ടിനെ ഉപേക്ഷിച്ചിരിക്കുന്നു ബ്രഹ്മത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്താ പ്രയാസം വീട്ടിനെ നോക്കുമ്പോഴൊക്കെ ഈശ്വരൻ വീട് എന്താ കോവിലിൽ പോയി തടി കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ബിൻബത്ത് ഈശ്വരനാണെന്ന് കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ വീടിനെ നമുക്ക് ബ്രഹ്മമായി കാണാനെന്താണ് പ്രയാസം മനസ്സിന്റെ തത്വചിന്ത ഉറപ്പുവന്ന അനുഭവം ബോധമാണ് ബ്രഹ്മം ബോധമില്ലേ ഒരു വീടില്ല ഒരു മൺതരി പോലുമില്ല വിവേകാനന്ദ സ്വാമികൾ പറയും നിങ്ങളൊരു മണൽത്തരി വിശകലനം ചെയ്തു നോക്കൂ അതെവിടെ ചെന്ന് നിൽക്കും അതാണ് അത് ആറ്റംസാണ് ആറ്റംസ് എനർജിയാണ് എനർജി എവിടെയാകുണ്ടെന്ന് തോന്നുന്നത് ബോധത്തിൽ അപ്പോൾ ആ മണത്തിരി നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് അവിടെ ചെന്ന് നിൽക്കും അവിടെ ബോധം മാത്രം അതുകൊണ്ടാണത് അബ്സല്യൂട്ട് അത് റിലേറ്റീവല്ല അങ്ങനെ ഏതിനെ വിശകലനം ചെയ്ത് നോക്കൂ അപ്പൊ ഇതൊക്കെ മനസ്സിൽ ശാസ്ത്രീയമായി ഉറപ്പുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ ബ്രഹ്മമായി കാണാൻ നമുക്കെന്താണ് തടസ്സം എന്തിനെയും മനസ്സാചാര്യസ്വാമികൾ പറയുന്നത് മനസ്സെവിടെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബ്രഹ്മത്തെ കണ്ടോളൂ മനസ് വ്യക്തികളിലാണ് ചെന്ന് പറ്റുന്നതെങ്കിൽ ആ നാമരൂപങ്ങളെ മാറ്റിയിട്ട് ബ്രഹ്മത്തെക്കാണ് ഇതാണ് സങ്കല്പരഹിതമായ ബോധം അങ്ങനെ കാണാമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ കടന്നു വരുന്നു ഒക്കെ ബ്രഹ്മം എന്താ ഗുണം എന്താ ഒരാളുടെ കണ്ടു പണ്ട് നമുക്ക് പല ഉപദ്രവങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ് പെട്ടെന്നീ മനസ്സ് സങ്കല്പാത്മകമായ മനസ്സ് പറഞ്ഞ ശത്രു നിന്റെ ശത്രു കഥ വരുന്നു നമ്മള് ഈ അറിവിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശത്രുവില്ല ബ്രഹ്മം തീർന്നു നേരെ നിറച്ച് ശത്രുവാണെന്ന ചിന്തയാണ് ഉറപ്പിക്കുന്നതെങ്കിൽ പണ്ട് രാഗദ്വേഷം ദ്വേഷം വളരെ വർദ്ധിച്ചു ഇവനെ ഇനി അങ്ങനെ നശിപ്പിക്കാം നോക്കണേ എന്തെങ്കിലാം ചിന്തകളിൽ കൂടി അത് കടന്ന് കടന്ന് വികസിക്കും മനസ്സ് അവനെ നശിപ്പിക്കാനും ആരുടെയെല്ലാം കൂട്ടുപിടിക്കണം എന്തെല്ലാം സാധന സാമഗ്രികൾ ഉണ്ടാക്കണം അങ്ങനെയല്ലേ ലോകം ഇന്ന് കിടന്നു പെടയുന്നത് നേരെ കുറച്ച് ബ്രഹ്മമാണെന്ന് ചിന്തിച്ച് തീർന്നു അപ്പത്തീർന്നു പിന്നെ മനസ്സ് വേണ്ടാത്ത നിലയിൽ വികസിക്കില്ല പിന്നെ മനസ് പോലും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമായി വികസിക്കും എന്താ എന്തു കണ്ടാലും ബോധം ബ്രഹ്മം അതല്ലേ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം ബോധമല്ല മറ്റൊന്നുമില്ല അതാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം അപ്പൊ നമുക്ക് ബ്രഹ്മത്തെ അനുഭവിക്കുവാൻ ബാഹ്യമായി എല്ലാം ത്യജിക്കേണ്ട ഒരു കാര്യവുമല്ല ബാഹ്യമായി എല്ലാം ഇരുന്നോട്ടെ പക്ഷേ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ എല്ലാം തിരിച്ചു സർവത്യാഗം ഈ സർവത്യാഗമാണ് ബ്രഹ്മാനുഭവത്തിന് ഉപകരിക്കുന്ന കാര്യം എന്തായാലും ഇതായിട്ട് മഹാബലി ബാഹ്യമായി ഒന്നും തിരിക്കുന്നില്ല തന്റെ യുദ്ധപരിപാടികളുമൊക്കെ നടത്തുന്നു എങ്കിലും ചേച്ചി നിർമുക്തചിന്തിരൂപം വിശ്വശ്വാപൂരകം അദ്ദേഹത്തിൻ്റെ ഉള്ള ബ്രഹ്മചിന്ത കൊണ്ട് നിറഞ്ഞു അപ്പോ ആ ബോധം വിശ്വ വിശ്വാവപൂരകം ചുറ്റുമുള്ള വിശ്വത്തിൽ മുഴുവൻ നിറഞ്ഞു തുളുമ്പുന്നതായി അദ്ദേഹത്തിന് തോന്നി താനാകുന്ന ബ്രഹ്മം ചുറ്റുമുള്ള ലോകത്ത് മുഴുവൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു സംശാന്ത സർവസംവേദ്യം എല്ലാ പ്രത്യേക കാഴ്ചകളും അടങ്ങി പുറത്തു കാഴ്ചയില്ലെന്നാണോ പുറത്തു കാഴ്ചയുണ്ടത് പക്ഷേ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല അല്ലേ തപോലസ്വാമികൾ പറയും പാലക്കാട്ട് ജീവിച്ചിരുന്ന അദ്ദേഹം ഹിമാലയത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും അപ്പോൾ അദ്ദേഹം ആ ഹിമഗിരി വിഹാരം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആളുകൾ പറയുന്നു ഇവിടെ പാമ്പ് കടുവ കാഞ്ഞിരമരം ഒക്കെ ഉണ്ടെന്ന് ഞാനവിടെ എത്തും നോക്കി അവിടെ ബ്രഹ്മമല്ലാതെ ഞാനൊന്നും കാണുന്നില്ല നമുക്കിത് വിശ്വസിക്കാനൊക്കെ ഇല്ല കാരണം രാഗദ്വേഷങ്ങൾ മാറ്റി ആ ചിത്തപ്രസാദം നമ്മൾ കൈവരിച്ചിട്ടില്ലല്ലോ മഹാബലിക്ക് അത് സാധ്യമായി സംശാന്ത സർവസമ്പദ്ധ്യം സംവിന്മാത്രമഹം മഹത് അദ്ദേഹത്തിന് തീരുമാനമായി ഞാനന്ത എന്നും നിറഞ്ഞു നിൽക്കുന്ന സംവിൽമാത്രം ബോധം രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല അതുകൊണ്ട് അന്നുമുതൽ കർമ്മരംഗത്ത് ഗംഭീരമായി പ്രവർത്തിക്കും പക്ഷേ ആപദം സമ്പദം ദൃഷ്ട്യ സമയവസ പശ്യത്തി ഒരാപത്ത് വന്നു കുറച്ചു കഴിഞ്ഞൊരു സമ്പത്ത് വന്നു രണ്ടിലും അദ്ദേഹത്തിന്റെ മനസ്സ് വിഷാദം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഇളകിമറിയാറില്ല കാരണം രണ്ടും ബ്രഹ്മം ഇനി ഇവിടെ ഇളകിമറിയാൻ എന്തിരിക്കുന്നു സമൈവസപശ്യത്തി നസ്തമേത്തി നോദേത്തി ഒരാപത്ത് വരുമ്പോ മനസ്സന്ന ഡിപ്രഷൻ അതാണ് അസ്തമേതി അന്ന് തളർന്നു പോയെ നമ്മൾ പറയാറില്ലേ അങ്ങനെ സാധാരണ ജനങ്ങൾക്കൊക്കെ വരാറല്ലേ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ തളർന്നു മഹാബലിക്ക് അങ്ങനെ ഇല്ല നാസ്തമേത്തി നവോദേതി കുറച്ച് പണം കിട്ടി അല്ലെങ്കിൽ ഇലക്കൂ ഒരു ഇലക്ഷൻ ജയിച്ചു അങ്ങ് തുള്ളിച്ചാടി കോലാഹലം ഇത് രണ്ടും അദ്ദേഹത്തിന് ഇല്ല നാസ്തമേതി നവോദേത്തി തസ്യ പ്രജ്ഞ പ്രജ്ഞച്ചാൽ സർവം ബ്രഹ്മമയം എന്ന ഉറപ്പ് അതാണ് പ്രജ്ഞ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണ് ബ്രഹ്മം ആ ഉറപ്പ് ഒരിക്കലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല പുറമേ എന്തും സംഭവിച്ചോട്ടെ എന്തും വരട്ടെ നാസ്തമേത്തി നവോപതേത്തി തസ് പ്രജ്ഞ സുഖദുഃഖയോ തജ്ഞ സുഖദുഃഖയോ ുള്ളിച്ചാടുകയോ ആ പ്രജ്ഞ ദുഃഖത്തിൽ കണ്ണുന്ന എപ്പോഴും പ്രസന്നത അതാണ് രാഗദ്വേഷങ്ങളില്ലാത്തത് വിഷയങ്ങളെ കൈകാര്യം ചെയ്തു കിട്ടുന്ന പ്രസന്നത ദുഃഖത്തിലോ സുഖത്തിലോ ഇല്ലാതാകുന്നില്ല അതാണ് കൃഷ്ണൻ പറഞ്ഞത് സർവ പ്രസാദെ സർവദുഖനഹാനി ഞാനിതൊക്കെ പറയുന്നത് ഈ ഗീതാഭാഗങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ചു വായിക്കുന്നുണ്ട് പക്ഷെ ഇത് നടപ്പാക്കാനുള്ള ശ്രമമുണ്ടോ ഇല്ലാത്തത് നടപ്പാക്കാൻ ശ്രമിക്കാത്തത് ബ്രഹ്മബോധം സാധ്യമാണോ ജ്ഞാനം സാധ്യമാണോ സാധാരെങ്കിലും എന്താ സാധ്യമല്ലാത്തത് എനിക്ക് തോന്നുന്ന ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു ജ്ഞാനം ഒക്കെ ബ്രഹ്മമായിട്ട് കാണണം അല്പം ശാസ്ത്രീയമായി ചിന്തിക്കണം ബോധമുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ബോധമാണ് ബ്രഹ്മം എന്നറിയണം ബോധമുണ്ടെങ്കിൽ എല്ലാം കൊണ്ടില്ലെങ്കിലില്ല അതുകൊണ്ട് കാണുന്നതൊക്കെ ബോധം തന്നെയാണ് ഒരു പ്രയാസമില്ല ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടും വളരെ എളുപ്പം കുറെ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ പോലും ഇത് മറക്കാൻ സാധ്യമല്ല എന്തെന്നോ മനസ്സിന് നല്ല സുഖം കിട്ടുന്നു മനസ്സിന് സുഖം കിട്ടുന്ന കാര്യം ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ അപ്പോ മഹാബലി ജ്ഞാനത്തിൽ നല്ല ഉറപ്പ് വന്നവനായി പക്ഷേ അദ്ദേഹം തന്റെ സ്വധർമാനുഷ്ഠാനത്തിനൊന്നും പറോട്ട് പോയില്ല ഒട്ടേറെ യജ്ഞങ്ങൾ നടത്തി ഒരു യജ്ഞശാല ഉണ്ടാക്കി അതെന്തിനാ സാർ ബ്രഹ്മനിഷ്ഠ വന്നയാൾ യജ്ഞം നടത്തേണ്ട കാര്യമുണ്ടോ നടത്തിയാൽ എന്താ യജ്ഞം ബ്രഹ്മപൂജ അറിവില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞുകൊടുക്കാനും ചിത്തശുദ്ധിക്കും ആ യജ്ഞം ഉപകരിക്കുകയും ചെയ്യും ബോധമില്ലാത്ത യജ്ഞമേ പ്രയോജനമില്ലാത്തതോ അത് അതാണ് കർമ്മം എന്തും വേണ്ടെന്ന് ഗീത പറയുന്നില്ല ബ്രഹ്മജ്ഞാനം കൂട്ടിച്ചേർക്കോ അതോ ഗീത എന്തു വിശാലമായ ചിന്ത അവിചേ സുദുരാചാരവോ സുദുരാചാരൻ വെറും ദുരാചാരനല്ല സുദുരാചാരൻ വെച്ചാൽ അതിനപ്പുറത്ത് പിന്നെ ഒരു ദുരാചാരൻ ഇല്ലേ ആയിക്കോട്ടെ അർജുന ഈ എന്നെക്കൂടെ വെറും കൃഷ്ണനല്ല അങ്ങനെ ധരിക്കരുത് ധരിക്കരുതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതല്ല കൃഷ്ണൻ പറഞ്ഞാലെങ്കിലും നമ്മൾ കേൾക്കണ്ടേ അവജാനിമാം മൂഢാ മനുഷ്യൻ തനുമാശ്രിതം ഒൻപതാം അധ്യായത്തിൽ ഒൻപതാം മറ്റൊരു ശ്ലോകമാണ് വായിച്ചോക്ക് മൂഢന്മാരാണ് എന്നെ മനുഷ്യനായി മനുഷ്യശരീരിയായി കരുതുന്നവൻ ഞാൻ മനുഷ്യശരീരം കൈക്കൊണ്ടവനാണ് എന്ന് കരുതുന്നവർ മൂഢന്മാർ ഇതിനപ്പുറം ഭഗവാനാ ശക്തമായി പറയാൻ കഴിയും അവർ എന്ന് വെച്ചാലും ആരുമത് അംഗീകരിക്കാൻ തയ്യാറില്ല കൃഷ്ണൻ കൃഷ്ണൻ ആ വസുദേവപുത്രൻ ദൈവകീപുത്രൻ ധ്യാനിക്കാൻ ആ രൂപം അംഗീകരിച്ചുള്ളൂ മനോഹരമായ രൂപം പക്ഷേ ഇതറിഞ്ഞോളംഗീകരിക്കണം കൃഷ്ണൻ ബ്രഹ്മമാണ് തൽക്കാലം മനസ്സിന് ഏകാഗ്രത കിട്ടാൻ ഞാൻ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനായി ധ്യാനിക്കുന്നു സൃഷ്ണൻ സാക്ഷാൽ ആരാബോധാത്മകം ബ്രഹ്മതത്വം തത്താവതി സാക്ഷാ ഗുരുഭവനപുരേ ഹംദഭാഗ്യം ജനാന്ന ആ ഭഗവാനാണ് ഈ പ്രപഞ്ചമായി നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചം സാക്ഷാൽ ഈശ്വരൻ ീശ്വരൻ പ്രത്യക്ഷമായി നിൽക്കുന്നതാണ് പ്രപഞ്ചം ബോധം അരൂപമല്ലേ സാർ ബോധത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് കാണാനൊരീശ്വരൻ വേണ്ടേ അവിടെയാണ് നാരദൻ വ്യാസനോട് പറയുന്നത് വ്യാസരെ ഇദം ഹി വിശ്വം ഭഗവാൻ ഭാഗവതത്തിലാണ് ഈ വിശ്വം ഭഗവാനാണ് എവിടെ നോക്കി ഇത് ഇത് പിടികിട്ടിയവരാളിന്ന് ഈശ്വരനെ അന്വേഷിച്ച് ഇനി പ്രത്യേക സ്ഥലത്ത് പോകേണ്ട കാര്യമാണ് പോകുന്നതിനൊരു വിരോധവുമില്ല പക്ഷെ കാണുന്നതൊക്കെ ഭഗവാനാണ് അത് വിസ്മരിച്ചിട്ടു പോയാൽ എന്ത് പ്രയോജനം ഈശാവാസ്യം ഇതം സർവം ഈ കാണുന്നതൊക്കെ ഈശ്വരനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് വസ്തുത മഹാബലിക്കിത് നല്ല ഓർപ്പായി ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുവെച്ച് തന്റെ ഭരണകാര്യത്തിൽ യാതൊരുദാസീനതയും കാണിച്ചില്ല ദേവന്മാരൊക്കെ അടിച്ചു പുറത്താക്കി ദേവമാതാവായ അതിഥിക്ക് വളരെ ദുഃഖമായി വസവന്തം മകൾ മക്കൾ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ അവർ കുറപ്പൊന്നും എനിക്കില്ല മക്കളെ ഒക്കെ സ്വർഗത്ത് നിന്നും അടിച്ചു പുറത്താക്കിയപ്പോ അതിഥി അമ്മയ്ക്ക് ദുഃഖം തോന്നി അവര് ഭഗവാനോട് ഒക്കെ പ്രാർത്ഥിച്ചു എന്റെ മക്കൾക്ക് നഷ്ടമായ സമ്പത്തൊക്കെ തിരിച്ചു കിട്ടണം ഗാഢമായി പ്രാർത്ഥിച്ചു ചില വ്രതങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചു അപ്പോഴാണ് ഭഗവാൻ ഭഗവാൻ നേരത്തെ തന്നെ അറിയിച്ചു ഞാൻ വാമനനായി പിറക്കും അതിഥിയിൽ കശ്യപുത്തനായി വാമനനായി പിറക്കും ഞാൻ മഹാബലിയിൽ നിന്നും ദേവന്മാരുടെ സ്വത്ത് മുഴുവൻ തിരിച്ചെടുത്ത് അവർക്ക് നൽകുന്നതാണ് സർ അന്ന് ഈ ഭഗവാൻ എന്തിനാ സർ അങ്ങനെ തീരുമാനിക്കുന്നത് ഭഗവാൻ പക്ഷപാതിയാണോ ഭഗവാന്റെ പ്രവർത്തന നിയമം ഒന്ന് ഓർമ്മിച്ചോളുക ആരെന്തു ചോദിക്കുന്നുവോ ഗാഠമായ ഏകാഗ്രതയോടുകൂടി ആരെന്തു ചോദിക്കുന്നുവോ അത് കൊടുക്കും അതാണ് ഭഗവാന്റെ പ്രവർത്തന നിയമം അതിന് ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെയാണ് വസുദേവനോടും ദേവതയോടും പറയുന്നത് ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ മകനായി ജനിക്കുന്നത് രണ്ട് പ്രാവശ്യവും നിങ്ങൾ തന്നെയാണ് പ്രത്യക്ഷപ്പെടുത്തി എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് പുത്രനായി തേക്കിട്ട് എനിക്കണം മഠരല്ലേ നിങ്ങൾ നിങ്ങളെന്താ ദുഃഖമോചനം മോക്ഷം ജ്ഞാനം എന്നോട് ചോദിക്കാത്തത് നിങ്ങളത് ചോദിച്ചില്ല ഏ ചോദിക്കാതെ എന്താ ഭഗവാൻ അങ്ങ് തന്നുകൂടെ വലിയ കുഴപ്പമാണേ ചോദിക്കാത്തതൊന്നും ഭഗവാൻ ആർക്കും കൊടുക്കാറില്ല കൊടുത്താൽ അവർ വലിച്ചു ദൂരെ അതിങ്ങൾ ഞാൻ എനിക്കിതല്ല ആവശ്യം എന്റെ ആവശ്യം അറിഞ്ഞുവേണ്ടി തരേണ്ടത് അതുകൊണ്ട് ഞാൻ മകനായി ജനിച്ചു ഇപ്പോഴും ജനിച്ചിരിക്കുന്നു ഇനി മേലെങ്കിലും നിങ്ങൾ ആ ബ്രഹ്മതത്വം അറിയൂ എന്ന് ഉപദേശിക്കുക അതുപോലാണ് ഇവിടെ അതിഥി എന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടണം ാഠമായി ഏകഗ്രമായി ഭഗവാനെ ഭജിക്കുകയാണ് അത് ശരി ഞാൻ വാമനായി അവതരിക്കും നിലമറിച്ചു മഹാബലിയും എനിക്ക് ബ്രഹ്മബോധം ഇനിയിപ്പോ ലേശം പോലും കുറയുന്ന പ്രശ്നവുമില്ല ഭഗവാനോടൊന്നും ഇനി ഒന്നും ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല ബ്രഹ്മബോധം ഉറപ്പുവന്ന ഒരാൾക്ക് പോലും പിന്നെ യാതൊന്നും ചോദിക്കാനില്ല മഹാബലിയുടെ സ്ഥിതി അതാണ് അത് നമുക്ക് കാണാം വരേ നേരവ്രദേവന്മാർക്ക് നമുക്കൊക്കെ ആശ്ചര്യമാണേ മഹാബലിയുടെ കയ്യിൽ നിന്നും ഈ രാജ്യവും മറ്റും പിടിച്ചു വാങ്ങി തിരിച്ച് ദേവന്മാർക്ക് കൊടുക്കുക ഇതൊക്കെ എന്തൊരു ഫലമാണ് ഇങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് വേണോ എന്ന് സംശയം തോന്നും നമുസാര ഭഗവാനെ വേണ്ടവണ്ണം അറിഞ്ഞാൽ അങ്ങനെയുള്ള സംശയത്തിനൊന്നും ഇടയില്ല നമുക്കടുത്ത ദിവസങ്ങളിൽ ആ രീതിയിലൊക്കെ ഭഗവാന് വേണ്ടവണ്ണം അറിയാൻ ശ്രമിക്കാം അതിദിവ്യമായ ഒരു കഥയാണ് മഹാബലി ചരിത്രം ഭഗവാനെ വേണ്ടവണ്ണം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ധന്യധന്യം ക്കാനുമുള്ള കരുത്ത് നമുക്കൊക്കെ ഭഗവാൻ തരുവാറാകട്ടെ നമസ്കാരം